നിങ്ങൾ അതിൽ നിന്ന് പുതിയ മാംസം ഭക്ഷിക്കാനും നിങ്ങൾ ധരിക്കാനുള്ള ആഭരണങ്ങൾ അതിൽ നിന്ന് പുറത്തെടുക്കാനും വേണ്ടി കടലിനെ കീഴ്പ്പെടുത്തിയത് കപ്പലുകൾ കീറിമുറിച്ചു പോകുന്നത് നിങ്ങൾ കാണുന്നു അനുഗ്രഹം നിങ്ങൾ തേടാനും നിങ്ങൾ നന്ദിയുള്ളവരാകാനും വേണ്ടിയാണത്